മൺ ആട്ടുവാ തവ പൊള്ളി വെല്ലു നമുക്ക് ഹലി മാഹാദി നമ ഐമ്മ പഹാദിഹി തൊമ്മിന്ത വച്ച ി റബിയമ്മ പറഞ്ഞതിന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ചെറിയ ഒരു കഷ്ടമാണ് പറയാൻ പോകുന്നത് അതിനെ നാളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു നാൾ അഞ്ചാം വേണ്ടിയാണ് സൈഹൻ അനു അതിനെപ്പറ്റി എന്തെങ്കിലും തിരിയാൻ വേണ്ടി ഇത് ആരാണെങ്കിൽ ഇവർ തിരിഞ്ഞത് വേറെ പേരാണ് ഹുവൽ ഇമാമൊൽ ജലീൽ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അഹമ്മദ് അബു ഹാമിദ് ഇസ്ലാം ഉദ്ദീൻ ഒക്കെയുള്ള സാധന പേരുകളാണ് ഇതൊക്കെ മുഹമ്മദ് അഹമ്മദ് അബു ഹാമിദ് കുഞ്ഞിച്ച് ഊത്തുമുള്ള നാട്ടിന്റെ പേര് റസാലെന്നുള്ളത് ഈ നൂറ് നിർത്തുന്ന മലയാളത്താരാണോ പഴയ കുടുംബത്തിന് ൂലുണ്ടാക്കുന്ന ആളായിരുന്നു ഹജ്ജത്തുൽ ഇസ്ലാം എന്ന് വിളിക്കലുണ്ട് മഹറ്റത്തുദീ എന്ന് വിളിക്കുന്നുണ്ട് എങ്ങനെയാണ് മുഹമ്മദും അല്ലെ മുഹമ്മദ് മുഹമ്മദ് പറഞ്ഞത് ഐബിനു അഹമ്മദ് അബു അഹമ്മദ് മഹജ്ജതുദ്ദീനാണ് ദീനന്റെ വ്യക്തമായ പാത എങ്ങനെയുള്ള ബാധ അല്ല ഈ യുദ്ധമസ്തും താഴെ സ്വർഗം സ്വർഗത്തിലേക്ക് ആ മർഗത്തിൽ കൂടി എത്തിച്ചേരാൻ കഴിയും റൂമിന്റെ ചിന്ന ഭിന്നമായി കിടക്കുന്ന എല്ലാ ചാധകളെയും ഒരുമിച്ചു കൊട്ടാത്ത ഒരു വ്യക്തിയാണ് ഉപ്പർന്ന ർക്കറിയാത്ത ഇരുമിന്റെ ചാധ് ഒരു ഭക്ഷണമെന്ന് അറിയേണ്ട വന്നവർക്കറിഞ്ഞിട്ടില്ല മങ്കോല ഏതാണ് ആയിരത്തി ഹനീക്ക് മുതലായാണ് മങ്കോലി മഫുഹൂമെന്ന് പറഞ്ഞ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾക്കാണ് മഫുഹോം അപ്പം മങ്കോലും മഫുഹമുമായ എല്ലാ കാര്യത്തിലും ഒരു പടനായകനായിട്ട് രംഗത്തിറങ്ങാൻ പറ്റുന്ന ആളാണ് കബിരഹു മമാൻ ഭൂമിയിൽ ആയ അവർക്ക് മുമ്പുള്ള അയിമ്പത്തുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ അവർ എത്തിച്ചേർന്ന ആ ആ കഥകളൊന്നും ഓർഡത്തിൽ ലോർ വെച്ചാൽ അതിന്റെ അപ്പുറം നീ ഓണന്നു കഴിഞ്ഞു മുമ്പുള്ള അടിത്തര ലോകിട്ടുള്ള അതിന് തീരുമാനമില്ല ഏതെങ്കിലും ഒരു മസുലബ് അവരെത്തിക്കഴിഞ്ഞാൽ പരിപാടിയില്ല പഠനത്തിലുള്ള പഠനാധ്വാനത്തിൽ തന്നെ ആയിക്കൊണ്ടിരുന്നു അതിനൊരറ്റം എന്ന് പറയാൻ അറ്റത്തിലെത്തിക്കപ്പെടില്ല അങ്ങനെ ഹത്തൽ അക്വാൻ അസ്മല എന്ന് പറഞ്ഞതായി മറ്റേ ഹാമിലായിട്ടില്ല അക്രാംഗണം സമകാലികന്മാരിൽ നിന്ന് ആ ഹസ്ൻ എല്ലാ കക്ഷികളെയും എങ്ങനത്തെ കക്ഷി അബലകം അബലകം സുഹാ എന്ന് പറഞ്ഞ ആകാശത്തിന്റെ നക്ഷത്രത്തിന്റെ പേരാണ് സുഹാൻ ആ സുഹാന്റെ രംഗത്തേക്ക് എത്തിയ കക്ഷികളെ പോലും ഉമറാക്കി പ്രകാശം കെടുത്തിക്കളന്നുകൊണ്ടാണ് വിജഹത്തിന്റെ നാടുകളെ മുഴുവനും ഉമർ കെടുത്തിക്കളഞ്ഞു കൊല്ലമാലി നമസു യുദ്ധം ചെയ്യുന്ന ഒരാളെ കൈകൾക്ക് ആ അവിടത്തേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ആ കടറും കൂടിയും ഉപ്പറം ഉണ്ടാക്കി വിദേശിരിക്കുന്നു നിർവാമൻ നിർഹാമെന്ന സിംഹത്തിനാ പറ ആ പക്ഷെ ഇല്ല എന്ന ലുസൂത പക്ഷെ മറ്റുള്ള സിംഹങ്ങളൊക്കെ ഉണ്ടല്ലാ ഹലു ലൈഹി മൂവപ്പുറം അടച്ചെറിയും മുമ്പോട്ട് പോകും മറ്റുള്ള സിംഹത്തിനൊന്നും തീറ്റില്ല ൊടിച്ചോടും ഓർമ്മിന് പറഞ്ഞു വ ബദരൻ തമാമൻ പൂർണ്ണമായ ചന്ദ്രനായിരുന്നു പക്ഷെ ഈ ചന്ദ്രൻ പ്രത്യേക ഇല്ല അന്ന ഹാഹു ഈ ശരി കുനഹാറ മൂത്ത ചന്ദ്രന്റെ പ്രകാശം ഉണ്ടല്ല അത് പകലാക്കി കളയാണ് സാധാരണ രാത്രിയല്ല പകലാക്കി കളയുന്ന ചന്ദ്രനാണ് അപ്പൊ ആ വ ബറന്മി പടപ്പുകളിൽപ്പെട്ടത് ബഷറായിരുന്നു പക്ഷെ ഇല്ല എണ്ണവും തോതില്ലാതെയും പക്ഷെ ബഷർ എന്ന് പറഞ്ഞ ഇൽമിന്റെയും എല്ലാത്തിന്റെ വിഷയത്തിന് വലിയ ഒരു പർവ്വതം തന്നെയായിരുന്നു എന്ന് പറയാം ജനങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവർ ബാല ശരി ബലാസി ബാദുൽ ജമാദ് ജമാതിൽ തുറുന്റിയും ജമാതിന്റെ കൂട്ടത്തിൽപ്പെട്ട തന്നെയാണല്ലോ മാലയേക്ക് പുറത്തുന്ന അമൂല്യമായ മുത്തുകളും ജമാതിൽപ്പെട്ടതന്നെയാണല്ലോ അവകൾ വന്നതെപ്പോഴാണ് വന്നാ റബ്ദി പെരിയത്തിൽ ഫലാസിഫ പലാസിഫത്തിന്റെ ആ എന്തൊക്കെയോ കൃഷി ഉണ്ടാക്കിയ കാര്യങ്ങളുണ്ടല്ലോ അതിനാ കട്ടിത്തെതിരേക്ക് ജനങ്ങളുടെ ആവശ്യക്കാരാണ് അഹമറ്റു ഏറ്റവും ആവശ്യമായ സമയത്താണ് മുമ്പോടെ വരുന്നത് എന്തിനേക്കാളും ഫലാസിഫത്തെക്കാണ് അഞ്ചാർന്ന സമയം അഹമ്മദി മിനം വൽമാരി ഇരുട്ടുള്ള രാത്രിയിൽ ആകാശത്തിൽ പ്രകാശം ഉണ്ടാകുന്ന എത്രത്തോളം ആവശ്യമുണ്ട് എന്നതുപോലെ ഏറ്റവും ആവശ്യമായ സമയം വരുന്നത് ഒരു പച്ച പുല്ല് പോലും മുറക്കാത്ത വെച്ചുവിരണ്ടിരിക്കുന്ന ഭൂമിയുണ്ടല്ല ആ ഭൂമി എത്രത്തോളം ആവശ്യമാണെന്ന് ഇനാ ഖത്തറാത്തിൽ മാർ വെള്ളത്തുള്ളികളിലേക്ക് ആ അതുപോലെ താമസഗതിയിലാണ് ഉത്തർ വന്നത് ായീനെ തൊട്ട് മൂപ്പറെ ഇങ്ങനെ പടപരുന്നതാൻ തുടങ്ങി അതിനെ അതിനെതിരെയാണ് വരുന്ന എന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കാൻ പഠിക്കുന്നില്ല ബി ജനാദിമി മൂപ്പറെ വായ് സമരാണ് വാഴെടുത്തിട്ട സമരം എന്തവഹമി ഹൗസീനിടെ ഹൌസത്തിനെ അവ കാത്തുസൂക്ഷിക്കുകയാണ് വയഹമി ദീനിന്റെ കോട്ട സംരക്ഷിക്കുകയാണ് എത്തരത്തിൽ വലായുലത്യസ്വി സാരിഹി ശത്രുക്കളുടെ ഡമുകൊണ്ട് തിരക്കിയിട്ടുന്നില്ല ഇതിനെ വാളിന്റെ തലമുറ വാള് യുദ്ധം ചെയ്തല്ല ആ രീതിയിലാണ് ദീനിന്റെ കോട്ട സംരക്ഷിച്ചത് ദീനന്തായി മാറി ഏറ്റവും നല്ല അതിന്റെ കയർ തിരിച്ചു മുറുക്കപ്പെട്ട നായരായി മാറി ിൽ പോകാത്ത കാര്യം ആ മേഘങ്ങൾ മുഴുവൻ അവിടെ പോയി തീർന്നു ഇത് ശുഭാത്ത് എന്തേ ബാക്കിയുള്ള അതീതം മുത്തറ ആരെങ്കിലും വെറുതെ വാശിക്കുകൊണ്ടിങ്ങനെ പറയുന്ന ഒരു വാഗ്ദാനം നിലതിൽ തെളിഞ്ഞു ആ സുബഹാത്തി ഒന്നുമില്ല നിലനിൽപ്പില്ലാണ്ടായിപ്പോയിക്കുന്നു ഇതെല്ലാം ഒരു ഭാഗം ഇനി വേറെ വ്യക്തിജീവിതം പറഞ്ഞാ വറയും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തുറക്കപ്പെട്ടെ വലിയ വളറിന്റെ ഉടമയോടൊപ്പം ഇതെല്ലാം പരിപാടി അള്ളാഹുവിന്റെ ഭാഗത്തല്ലാത്ത മറ്റൊന്നും വളർ കൂട്ടാളിയാക്കി ആ ഹൽവത്തിലുണ്ടായിരുന്നില്ല അവരെ നെഹ്റുന്റെ പിന്നാലെയാണ് ദുന്യാവിനെ മുഴുവനും മരിച്ചിറിഞ്ഞത് വാക്മനത്തി ലഹസ്യത്തിലും പരത്വത്തിലും അള്ളാഹു മഹാനഹി ഇസ്രാസോടെ അവരായിക്കൊണ്ട് ആശ്രത്തിന്റെ മേൽ പൂർണ്ണമായും മുന്നിട്ടവരാകണം ജനിച്ചത് അതിനെ അനുഭവം തീരുമാനിക്കേണ്ടത് മഹാന നാനൂറ്റി അമ്പത് ദഹനം അപ്പൊ അബർക്കാല ജില്ലയിൽ ഞങ്ങൾ ജനിക്കുമ്പോ മൂപ്പർക്ക് ഇരുപത് വയസ്സുണ്ട് മൂപ്പർ ഉപ്പിയായിരുന്നു യഗതില് സൂഫ സൂസിന് നെയ്യുന്ന ആളായിരുന്നു നല്ല നേരത്തെ തടിമെന്ന് പറഞ്ഞില്ല അദാനി എന്ന് പറഞ്ഞില്ല വലിയ അതിലെ വെക്കുന്ന ആളായിരുന്നു സീ ദുഃഖാനും ബി പോ കടയിൽ ബാപ്പക്ക് വഫാത്തടുത്ത അവസരത്തിൽ ഇവരെ കൊണ്ട് വസീയത്ത് പറഞ്ഞു വബീ അഹീ അഹമ്മദ് ഇവരുടെ സഹോദരൻ ഉണ്ടായിരുന്ന അഹമ്മദ് രണ്ട് മക്കളെ കൊണ്ട് വസീത്ത് എത്തിച്ച് ആൾക്ക് ഇല്ല സദീഫില്ല ഈ ബാപ്പാ എന്റെ ഒരു സ്നേഹില്ലേക്കും അത് രണ്ട് മക്കളെ നല്ലോണം പോകണമെന്ന് പറഞ്ഞു അത് ആ സദീക്കാട് മുത്തസബി സൂഫിയായ ആളായിരുന്നു ഹൈരൻ നെഹലുകാരുടെ കൊണ്ടതിൽപ്പെട്ട ആളായിരുന്നു ആ സദീപ് ആ രണ്ടാളിലേക്ക് ഒത്തിരി തീരുന്നത് എന്നിട്ടോ ഈ സതീഫിനോട് പറഞ്ഞു എന്നറിയണം അറീമൻ എഴുത്തുന്നു വേണ്ടതുപോലെ പഠിക്കാൻ കഴിയാത്ത കാര്യത്തിൽ എനിക്ക് വലിയ വേദനയുണ്ട് സോറി വാസ്തഹിസ്റ്റിതറാക്കം ആ പാത്തനി എനിക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവനും വീണ്ടെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വലതയ്യ ഹാദയ രണ്ട് മക്കളിൽ കുടിക്കുന്നു എനിക്ക് പഠിക്കാൻ കഴിയാത്ത തന്നെ എന്താക്കണം രണ്ടു മക്കൾ കൂടി വീടെടുക്കണം അതുകൊണ്ട് ഇവ രണ്ടാളെയും നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണേ അവ രണ്ടാളെയും നിങ്ങൾ നല്ലവണ്ണം പഠിപ്പിക്കണം വല അലൈക്കീതീ മാ അവർക്ക് രണ്ടാൾക്കും വേണ്ടി ഞാൻ ഒഴിച്ചിട്ട് പോകുന്ന കൊത്തുണ്ടല്ലോ അത് മുഴുവനും ആ വിഷയത്ത് തീർന്നു പോയാലും നിങ്ങളൊന്നും ഓടിക്കണ്ടാവും അത്രത്തോളം ചെലവാക്കിയൊരു നിൽക്കുന്നില്ല പഠിപ്പിക്കുക എന്ന് ഉപ്പവച്ചി അക് സൂഫിയായ ആള് മുന്നിട്ട് വന്ന് അല്ല താലിമിഹിമ ഇവ രണ്ടാളെയും പഠിപ്പിക്കുന്ന വിഷയത്തിൽ ൻ നസറുൽസീമീർ ഉപ്പ കൊടുത്തേൽപ്പിച്ച് കുറച്ച് പൈസ ഉണ്ടല്ല അതിൽ അതുള്ളൂ അത് മുഴുവനും തീർന്നു അല്ല ഈ കല്ലഫഹുലഹുമാ അമോഹുമ അവ രണ്ടാൾ ഉപ്പ ഇവർക്ക് ഉണ്ടാക്കും മണി ഉപയോഗിച്ച് ആ പൈസ തീർന്നു താങ്കർ ആയ സോഫി എന്ന് സിയാമുണ്ട് ഈ പോത്തിഹിമ ഇവ രണ്ടാളുടെയും ഭക്ഷണ ചെലവെല്ലാം നടത്താൻ വേണ്ടിട്ട് പ്രയാസങ്ങൾ മാറി ഹുമാ അവ രണ്ടാളോടും ഈ ചോദി പറഞ്ഞെന്താ ഏരമാ അനിയ കഥ അംസത്വം ആലയിക്കുമാക്കാനലഹുമാ നിങ്ങൾക്ക് രണ്ടാക്കും അവകാശപ്പെട്ട സ്വത്തം ഒഴിവുടൻ ഞാൻ നിങ്ങൾക്ക് ചിലവാക്കി തീർച്ചിട്ടുണ്ട് വാഴ റജിലും അഹലിൽ പദ്ധതി വർത്തീൽ ഞാൻ പണിയുന്നില്ലാതെ കണ്ട് ഫസ്റ്ററിലായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു റജിലാണ് ഞാൻ ലൈസഡി മാനും കുമാരിഹി നിങ്ങൾക്ക് രണ്ടാക്കും സാമ്പത്തിക സഹായം ചെയ്യാൻ എന്റെ കയ്യിൽ യാതൊരു പൈസയിൽ നമുക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് രണ്ടാകും കാണുന്നതിൽ ഏറ്റവും മെച്ചമാവർ പണിയുണ്ടെന്നറിയോ അൻ സഞ്ചാ മദർസത്തിൽ ഏതെങ്കിലും മദർത്തയിലേക്ക് പോയിട്ട് കൂടുക അടുത്ത ചിലവെല്ലാം കിട്ടും കാട്ടിനൊക്കെ മാം സ്ഥലപത്തിൽ നിന്ന് നിങ്ങൾ രണ്ടാളും ഇന്ന് പഠിക്കുന്ന കാലങ്ങളെ കൂട്ടത്തിലായിക്കൊടുത്തു വധം വയ്ക്കും പൈസക്കും ആ കോഴ്സും ഞാനീനൊക്കുമാ നിങ്ങൾ രണ്ടാളെയും സഹായിക്കാൻ ആവശ്യമാകുന്ന ഭക്ഷണം അടുത്ത് കിട്ടും അത് പത്തിക്കുമ്പോൾ നിങ്ങളെ അത് സമയത്തിന് സഹായിക്കുന്നേ അത് രണ്ടാളെന്തായോദാ മതി ഇവിടെ ശ്രദ്ധിക്കും രണ്ടാളും കൂടി അപ്രകാരം ചെയ്തു ഓടാൻ പോകാൻ ഇരുമതി ഹിമ വേറെ ഹിമ രണ്ടാളെയും ദറത വയരാനും അവൾക്ക് വിജയം കരസ്ഥമാക്കാനും ആവശ്യമായ ധാരണ ഇല്ലായി മാറിയിരിക്കുന്നു ിമാണിയെന്നീട് പറയാറുണ്ട് കാരണം ചോറ് ഇട്ടാണ്ടായപ്പോൾ ഓടാൻ പോയത് അതിന്റെ മെയ്യത്തിനെ കോസ് നമ്മളെ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചു തലപ്പിനെ അന്ന അബാഹു കാന ഫീറൻ സാളിഹാൻ ബാഫയായിരുന്നു ഫക്കീറാണ് ഏറ്റവും പറഞ്ഞല്ലോ സാലിഹാൻ ലാജ് എനു ഇല്ലാൻ സ്വന്തം അധ്വാനിച്ചതിൽ നിന്ന് മാത്രമേ മൂപ്പറ ഭക്ഷണം കിട്ടാറുള്ളൂ ഫസരി സോഫ് സോഫ് നെയ്തിട്ടാക്കുന്ന പണി എന്താ തോഫ് മുത്തഫക്ക് ഹസിന്റെ പണ്ഡിതന്മാരടുക്കനല്ലാം മൂപ്പറങ്ങൾ സഞ്ചരിക്കൂ വൈചാരിച്ചം അവിടെ പോയിട്ട് പോയിരിക്കും ആരാധമത്തി അവർക്ക് ശ്രീമത്തെടുക്കാൻ വേണ്ടി ആകുന്നതൊക്കെ ചെയ്തു കൊടുക്കും അത് അവർക്ക് ഹിസാൻ ചെയ്യുന്ന വിഷയത്തിൽ എന്തെല്ലാം കിട്ടുമോ അതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കും വയജിദ് അധ്വാനിക്കുന്നില്ലേ ഹിസാനും അവരിലേക്ക് ഈ അലിമീങ്ങൾക്ക് ശ്രീമത്തെടുക്കാൻ വന്ന തക്കത്തി സൌകര്യപ്പെടുന്നത്തോളം അവർക്ക് ചെലവഴിക്കുന്ന വിഷയത്തിലും കാരണം ഇലാസമയ കലാമഹും അവരെ കലാമിങ്ങിനെ കേൾക്കുന്ന അവസരത്തിൽ ബസാപ്പ കരിയും എന്തൊക്കെ അള്ളാഹുവിനോട് താണു കേട് ദ്വാരക്കും അവർക്കൊരു മകന കൊടുക്കണേ വലഹു ഫൻ ആ മകനെ നല്ല ഇസ്ലാമിക പണ്ഡിതനാക്കണേ എന്ന് ഉപ്പ ദ്വാരക്കും മജാലിസൻ വഴവി വളവിന്റെ മജലിസകളിൽ ഉപ്പ പങ്കെടുക്കാറുണ്ട് ർക്ക് അതിന് നല്ല സമയം വന്നു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ട് അമ്മയുടെ ദ്വാരത്വം വാങ്ങു പറയുന്നതിൽ ഒരു മകനം നൽകണേ ഫത്താഹു ഡി രണ്ടിന് അള്ളാഹുക്കാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് ഒരു വായിലായി മറ്റൊരു അതാ അമ്മ അബു ഹമിദ് രണ്ടോക്കാളും അബുഹമീദ് ക്കളിൽ ഉള്ളത് ഒന്ന് അഹമ്മദോ ഒന്ന് അബുഹമിദു അബുഹാമിദ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഫസീഹായി മാറി ഒന്നാമത്തെ വൈമാ മഹരിസമാനിഹി ആ കാലഘട്ടത്തിൽ ഇമാമോയി പാലിത മൈദാനിഹി അതിലെ ഏറ്റവും വലിയ കുതിരോട്ടക്കാരനായി മാറിയിരിക്കുകയാണ് അനുകൂലിക്കുന്ന ആളും പ്രതികൂലിക്കുന്ന ആൾക്കും ഒരറ്റ വാക്ക് ഉറപ്പിക്കും പറയാനുള്ള ഒരു പെരിയാളാണ് ഇന്ന് തരമുലാമാർച്ചിട്ട് മുഖാലിഫ് ശത്രുവാട്ടെ മുഖാലിഫ് ആവട്ടെ എല്ലാവരുടെയും മൂപ്പർക്ക് യഥാർത്ഥമുണ്ട് എന്ന ആ കഴിമുത്തുകൊണ്ട് എല്ലാവരും സമ്മതിക്കും ഞാനിത് എതിരും രണ്ടാമത്തെ അഭിപ്രായമില്ല ഇന്നത്തെ ഉചാഹിന് ഒരൂ അരമലക്കമ്മർ കിടന്ന് കെട്ടി നമ്മൾ കാബിലനും കാപ്പരായിട്ട് നയിച്ചു നയിക്കും നയിക്കുന്ന പരമ്പര്യാടിച്ച് വിട്ടിട്ടങ്ങനെ നടത്തി ഇനി അഹമ്മദില്ലേ അഹമ്മദായ അമ്മ അഹമ്മദ് വലിയ വായിലും കമ്പ സുമ്മു കറുപ്പുറച്ച പാറകൾ പോലും പൊട്ടിപ്പോക്കണ്ട് ഇന്ദിമായിട്ട് അഹലീരിഹി മൂപ്പറ കഠിനമായ നാകു കേൽക്കേണ്ട അവസരത്തിൽ മൂപ്പറ സബക്കീരന്റെ മജിലീസിന്റെ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വണ്ട് അങ്ങൾ പോലും കിട്ടുകിട്ടു പോകും ആരാളായിരുന്നു അലക്കീഹിൽ ഒരു ഇൽമടിക്കുന്ന വിഷയം എനിക്ക് അറിയാൻ പോകുന്നു ഓറ കുട്ടിക്കാലത്ത് സർപ്പം മിനൽ കിഷനിൽപ്പെട്ട കുറേ ബാഗോദി സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഓതിയത് ആരാ കിട്ടാതെ അല്ല അഹമ്മദ് മുഹമ്മദ് ടാബിഖാനി റബിയുള്ള നാട്ടിൽ കിട്ടുകൊടുക്കും പിന്നെ ജുർജാനിലേക്ക പിന്നെ പോയത് ആ അബിനിസ്മായിലി ആ അബൻഡ് ഇസ്മായിലിലേക്കാ പോയത് വാലക്കാൻ താഴേക്കാർ മൂപ്പറ പക്കന്ന് കെട്ടി എഴുന്നോ എഴുതി താഴേക്കാർക്ക് എഴുതി നോക്കും ചിലരെല്ലാത്തിനും പൊട്ടിന്നോളും എഴുതുന്നില്ല മുക്കമ്മ തള്ളത്തീ പത്ത് ടിക്കറ്റിനുള്ളടങ് സുഹൃത്തേക്ക് തന്നെ മടങ്ങി എന്നെ പറയുന്നു ഇമാം കദായി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറയുന്നത് െ ഇരത്തെ അളീനെ തനീക്കൂ ഒരു ദിവസം വെടിയിൽ വെച്ച് കൊല്ലാടിക്കപ്പെട്ടു അയ്യാറോടെ ഗമീനമാരി ആ കൊള്ളാടിക്കുന്ന കൂട്ടറുണ്ടല്ലോ എന്റെ കൈമിലുള്ള സാധനം മുഴുവൻ പിടിച്ചു കുറച്ചു കൊണ്ടുപോയി അപ്പൊ നമ്മളെ ഓറ് പോയി കളഞ്ഞു ഞാൻ ഓറെ പിന്നാലെ കൂടി എന്നിട്ടോ ഇരാ ഫസ്ത ഇരയ മുഖ്യമുഖും അവിടെ മുഖദ്ദിമാ നേതാവ് ആ നേതാവ് എന്നെ കൊള്ള തിരിഞ്ഞു നോക്കി വക്കാൽ എന്നോട് പറഞ്ഞ് ഇറുതി കൊളം മടങ്ങിപ്പോയിക്കോ വൈഹട്ട് വൈല ഹലക്കെത്തന്നു നീ ഹലക്കെണ് മടങ്ങിക്കൊന്നു സ്വകുത്തുലഹു ഞാൻ ആ നേതാവിനോട് പറഞ്ഞ് അലുക്ക ബില്ല നീ തറഞ്ഞു സർജു സലാമത്തം ബിന്ദു എന്നല്ലേ സർജു സലാമത്ത് ബിന്ദു ആഴ വക്കൽ നിന്നാണോ നീ സലാമത്ത് ആഗ്രഹിക്കുന്ന ആ റബ്ബിനെ പിടിച്ചാൽ എന്നോട് ചോദിക്കുന്നത് ആ സർഗ അളിയ അളിയക്കത്തീപ്പക്കത്തെ രണ്ട കുറിപ്പ് ഒരു നോട്ട് ബുക്ക് മാത്രം മടക്കിട്ട് നമുക്ക് വെറൊന്നും വേണ്ട അത് എനിക്ക് വേണ്ടൂ സമാഹിയ ഷെയ്ക്ക് ഒരു സന്തോഷം അടി അതാണെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രകാരത്തിനെത്താത്ത ആ നോട്ട് ബുക്കില്ലേ അത് നിങ്ങൾക്ക് പകരത്തിന് എത്തൂല അരിച്ചു മടക്കിട്ടാണ് ബാക്കിയാണ് നിങ്ങൾ തോന്നുന്നു അപ്പോൾ ഈ കണ്ണനെ ഏതാണ് ചോദിക്കുന്നത് വമാ താരീക്കത്തൊക്കെ എന്താന്ന് ഈ താരീക്കത്ത് നിന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞേ കൊത്തുമ്പം ഈ തിൽക്കൽ മിശലാക്കി ആ കൊട്ടയിൽ കാണാൻ ചെറു നേടുകൾ ആ ചെറുക്കൊരു സമാഹക്കി അത് കേൾക്കാനും അത് എഴുതിയെടുക്കാനും വേണ്ടിട്ടാണ് ഞാൻ ഇന്ധിതം പോയത് തന്നെ വമാരി അത് അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇരുമെണ്ണം പഠിക്കാനും അപ്പോൾ നഹിക്ക അപ്പോൾ ഈ അയാൾ ചിരിച്ചു ഇപ്പൊ തന്റെ എന്നൊക്കെ അറസ്റ്റ ഇൽമഹ അതിന്റെ ഇൽമല്ല നീ അറിഞ്ഞു തന്നെ കട്ടോടെ പോയി കഴിഞ്ഞാൽ ഇന്മ നീ പഠിച്ചു എന്ന് അയാൾ ചോദിക്കും കള്ള കട്ടോടെ പോയാൽ നഷ്ടപ്പെടുന്ന ഇന്മ നീ പഠിക്കാൻ പറ്റുന്നു അടതിനാഹ നീക്കാ എത്തരത്തിൽ നമ്മൾക്ക് നീന്താതെ തട്ടിയെടുക്കാൻ കഴിഞ്ഞ ഇൽമാണ് ഈ പറഞ്ഞ വാദം ഒപ്പം നല്ലവണ്ണം ചിന്തിപ്പിച്ചതാണ് ിമാരിപ്പത്തിൽ തജർബത്തമ്മാരിപ്പത്തി ഞാൻ തട്ടിയെടുത്തപ്പോ നീ മാരിപ്പത്തി ഇല്ലാതെ കൊണ്ട് ഇങ്ങാടായി പോയില്ലേ ബിരാതാ നീ പഠിച്ചിരുമുമാ അമറബാദ സഹാബി പിന്നെ അവസാനം അയാളെന്ന് പറഞ്ഞ് അത് ഗണയ്മരോട് പറഞ്ഞ പ്രസന്നമയിലെ മീസലാത്ത കൊട്ടാങ്കൻ എനിക്ക് മടക്കി തന്നെ ചിട്ടിക്കൊണ്ടുപോയിക്കൊന്നു പാഠിമ പറഞ്ഞ് പറയുന്നു പപ്പുൽപ്പൂ ഞാൻ പറഞ്ഞു ഹാദ മുസ്തം തൻ ഇയാള് അല്ല സംസാരിപ്പിച്ച ഒരാളാണ് എനിക്കും ഇന്ന് അന്മ പഠിച്ചു തരാൻ വേണ്ടി അള്ള ഇയാളെ കൊണ്ട് സംസാരിപ്പിച്ച ഇയാൾ ആളുകൾ കടന്നാണെങ്കിൽ എന്റെ കാര്യത്തിലേക്ക് ഇർഷാദാക്കാൻ വേണ്ടി അന്ന് ഇയാളെ കൊണ്ട് സംസാരിപ്പിച്ച ആളും പഴമ്മ ഞാൻ തൂക്കിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അക്കബൽ തോല ഇന മൂന്ന് കൊല്ലം ഇതുമായി കിട്ടി െ അത് മുഴുവൻ അല്ല അത് മുഴുവനും മനപ്പാടമാക്കി മനസ്സിൽ ഏറ്റവും വിട്ടുന്ന ഒരു മൂന്ന് കള്ളങ്ങളുടെ കള്ളം കെട്ട് കട്ടുകൊണ്ട് പോകുന്ന തിരട്ടടി കൊല്ലം മെസഞ്ചർ നിന്ന് ഇരുമി ഞാൻ ആരായിരുന്നറിയോ ബൈക്ക് ഇന്ന് കൊല്ലടിച്ച് കൊണ്ടുപോയാലും എന്റെ ഇരുമിനെ തൊട്ട് ഞാൻ ഒഴിഞ്ഞോളാവൂല്ല ഇതേ ഹിക്കാത്തിന് റിവാത്ത് ചെയ്തിട്ടുണ്ട് ഔസാദ് ഇമാമിനെ തൊട്ട് ആയിന്നാൻ ആര് അൽ ബുൽ മലിക് നേത്താരാണ് ഇമാൻ റിവാത്ത് ചെയ്താണ് ഇലാമുൽ മലിക് സമ്മാധി തർജിമത്തിന് ഇളാമിൽ മലിക്ക് ഇബിൻ ആനി ഇലാമുൽ മലിക്കിനെ ആ തർജുമി സമ്പത്ത് പറഞ്ഞിട്ടുണ്ട് ഓസാന കാലക്കാരനാണല്ലോ പറഞ്ഞിട്ട് ഹുവൻ നൈസാബൂർ ഇനി അവിടെ നടത്തിയിട്ട് പോകുന്നു നൈസാപൂറിലേക്കാ പോകുന്നു അമുലാൻ ഇമാമൽഹരമേനി തങ്ങളുമായിട്ടാണ് ഇനി കൂടുതൽ ബന്ധം നൈസാബൂറിലേക്ക് വന്നു പോലാമ ഇമാമൽഹരമേനി റവ്യാഹനാദിമാക്കി വജദ് ഹദ അവിടെ വരുന്ന അമ്മ ശബ്ദം മസബബുകള്രാക്കുകള് അങ്ങനെ ഒത്തൂരത്സിച്ച ഒത്തൂരിൽനി രണ്ടത്തി അതുപോലെ മന്തിക്ക് ഗദന് മുതലായ എല്ലാത്തിലും അഗാധമായ പണ്ഡിതരത്തിൽ ഹിക്കിമത്തൽ പലിസഭത്ത വഹക്കമക്കുല്ലതായിരിക്കും ഹിക്കിമത്തും പലിശ അത് വേറെ യോദിട്ടുണ്ട് എല്ലത്തിലും വേണ്ടതുപോലെ ആഴത്തിലും ഉപ്പുറപ്പെടുന്നെടുത്തിമ അറബാദി ഹാദിയുലോം ഈ ഉലുവിന്റെ നേതാക്കന്മാരുണ്ട അവര് അറുബാബി കണ്ട് അവരുടെ കലാമിന്റെ ഉള്ളടക്കം എന്നാണ് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ ഇതിന് നിയമത്തിനൊക്കാത്തും വന്നാൽ അവരുടെ വാദങ്ങൾ റദ്ദു ചെയ്യാനും അവർക്കെതിരെ മറുപടി പറയാനും തോന്നി ഈ പറയപ്പെട്ട വലോമിലെല്ലാം മൂപ്പർ കിതാബ് ഉണ്ടാക്കിയിട്ടും குตุபன ஹதரன் தகீதீ ஃபஹாவா ஜாத தமதஹாவா தர்தீஃபஹ இன்னத கிதாபு அதின்த தஹரீபூம் அதின்த தர்தீபூம் அல்லம் ப்ரதேகமாயிர நல்ல மட்டத்தில இருக்கு வக்கன ரபியல்லாஹு அன்னஹு ஸதீதத தக்கர் அங்கே எத்ததே புத்திசாமர்த்தியமுள்ள ஆளம் अजीமல் ஹிதுரா உஃப்ரி தல் ஹிதுரா காரயங்களை பர்ணுகெஞால் ஐத்ராக்கு வளரேதும் പെട്ടെന്ന് വൃത്തം കിട്ടുന്ന ആളായിരുന്നു ബൈദൽ ഹവും ഒരു വിഷയത്തിന് ആഴത്തിലിറങ്ങാൻ ചെല്ലാൻ കഴിയുന്ന ഒരാളുമാണ് മായനുകൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് ആഴത്തിലിറങ്ങി അതിന്റെ ആഴം കണ്ടെത്താൻ കഴിയുന്ന ആളായിരുന്നു ജബലുൻ അലമുൻ മുനാദുരം മിഹിജാജൻ ജബലുൻ ഇൽമിൻ ഇൽമിന്റെ ഒരു തന്നെയാണ് ജബല കാണേണ്ട കവറന്നു മുനാദിറൻ നടത്തുന്നതാണ് അതായത് സത്യൻ കൊടുക്കാൻ വേണ്ടി നിഹജാജൻ ഹൃജ്യത്തിന് എത്തുന്നതാണ് വക്കാട് ഇമാമുൽ ഹറമേനിമിയെന്ന് എത്തിക്കും തലാമി എത്തൂ ഇമാമുൽഹറമേനിക്ക് വേറെ ദിശന്മാർ തല്ലിശന്മാരോപ്പുറം വിശരിക്കുന്ന പഴക്കോട് അൽ ഹസാദി ബഹ്റം മുഹദിക്കാൻ എന്നാണ് പറയുന്നത് വൽ കയ്യാരണം അസദുംഖാൻ മറോ സിഷ്യനാണ് പറയുന്നത് മൂന്ന് ടീച്ചന്മാർ അതിന് മുമ്പർ വന്നിട്ട് പറഞ്ഞു എന്റെ നിലാബുൽ മലിക്കിനെ നാമുൽ മലിക്കിനെ കണ്ടു ആ നിലാമുൽ മണിക്ക് തുമ്മൻ അമ്മാ ഇമാബുൽ ഹരമായിന്റെ റമിയെ ഒപ്പാത്തായപ്പോൾ ഹർദുൽ ഹർദാ റബിയെ അസ്കര് ഖാസിലല്ലിൽ വസീനെ നിലാബുൽ മലിക്കിനെ കാണാൻ വേണ്ടി മുപ്പത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു ويقال إن الإمام كان بالآخرت يا عم سائل عم مليل إليت جريدة إن الإمام كان بالآخرت سيسمى حظا من نفس الباخل وإن كان وغرقا بذل يحيش الله أبداً دي الحظ يحيش الله يحيش الله ില്ല മിലാമൽ വലിച്ചിനെ കാണാൻ പോയിമല്ല മതിരിസിഹി ഈ രാജാവിന്റെ മതിരിസിരി വലിയ വലിയ വലമാലിനോട് അയിമത്തിനോടൊക്കെ മൂപ്പറുണ്ടാക്കി വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് വക്കാഹനുപ്പൊസ്വാമി എതിരി കക്ഷികളുടെ മൂപ്പർ അങ്ങനത്തെ പിടിച്ചടക്കി എല്ലാവരേക്കാളും മൂപ്പറ കലാമി ഞാൻ ഇവിടെ ഇതുണ്ടായത് വാഴത്തോ ബി പതിനിർക്കുള്ള ശ്രേഷ്ഠത കൊണ്ടെല്ലാവരും സമ്മതിച്ചു പറഞ്ഞു നമ്മുടെ രാജാവഥ സാഹിബു സാലിമോടും ആദരമോടും കൂടിയാണ് ഏറ്റെടുത്തത് ാഹു തീച്ച മദർ മസഹി ബഹദാദ് അങ്ങനെ ബഹദാദിനൊരു മദരത്തി ഉണ്ടായിരുന്നു അവിടെ ദൃസ്ഥാനത്തരവാക്കി എനിക്ക് ചോദ്യം മാറി അതിലേക്ക് നിങ്ങൾ വന്നുചേരണം എന്ന് തൽപ്പര്യം കൊടുത്ത് സക്കാധികം ബഹദാദി അറബമാന വാറബ മയ്യാത്തി നാനൂറ്റി എൺപത്തിനാലിലെ വയസ്സത്തിലെ മുപ്പത്തിനാല് വയസ്സ് അവിടെ ഊബർ വന്നിട്ട് തറച്ച പിന്നില്ലാമിയാട ംഭിച്ചത് ഹാബൽ കലാമി കമാൽ ഫി ഫാഹത്ത് ഇസാനി നാവിന്റെ സാമസ്യം ഫസാഹത്ത് അതുപോലെ ഫഗലിന്റെ ആ പൂർണത കലാമിന്റെ ആ ഹുസ്നി ഇതെല്ലാം കൂടെ ജനങ്ങൾ അങ്കുതലപ്പെടുത്താൻ തുടങ്ങി വൻ ഒക്കുക്കാം അതുപോലെ വലിയ ബുദ്ധിപൂർവ്വമായ ഓരോ പോയിന്റ്സുകൾ വരുന്നുണ്ടല്ലെ وإِشَارَتُهُ اللَّطِيفَةُ فَبَاهَ بِهُوَ أَهَلَّهُ مَحَلَّ الْعَيْنِ കണ്ണിന തൊടിക്കുന്നതുപോലെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് കണ്ണ് അതിന് തൊടുമതിയൊരു വികാരം ചെയ്യല ആ രീതിയിൽ ഇമാമനെ എല്ലാ പ്രശംസനും കൊടുക്കുകുകൊണ്ട് വറഅള വനഅല ഇന്നൊത്ര കണ്ണിനാകണ വലിയ മഹാനിയാ കൊടുത്തിത് വഖാലു അഹ്ലം ബിമൻ സുമഹ അൽ യഅദിൽ ലിൽ മനാസി അഹ്ലാ എല്ലാ എന്ന നമ്മുടെ പദവികള்க்கு മഹല ആൾക്ക് നമ്മ സ്വാഗതം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വറഅളൈറ്റെടുത് ഇക്കാമത്തോ അല തദ്ർത്ത് വാഹാമീസിൽ മുദത്തൻ കുറെ കാലം അവിടെ ദർത്തുകയായിട്ട് കഴിഞ്ഞുകൂടി അളീമൽ അൽ ഹത്തി ആളിയ പുത്തുമത്തി മസുഹൂർ അൽ ഇസ്മു പേര് വളരെ പ്രസിദ്ധരാണ് ഉന്നതമായ ദർജയാണ് ധാരാളം ആളുകളുമുണ്ട് അങ്ങനെ അളിയുമായ കുറേ കാലം അവിടെ ൂരസ്ഥലങ്ങളിൽ നിന്നെല്ലാം വാഹനം കട്ടിക്കൊണ്ട് ആള് വരുന്നു അവരെ പേര് പറഞ്ഞുകൊണ്ട് ആള് ഉപമറിയാൻ തുടങ്ങി ദുന്യാവിന്റെ എല്ലാ ചീത്തയായ കാര്യങ്ങളും തൊട്ടും മൂപ്പരൻ ലഫ്സ് വളരെ തിരിച്ചാണ് ഈ ഉന്നത പദവിയും ജാഹും ഒന്നും വേണ്ടാന്ന് നോക്കല നൂപ്പർ മൊത്തതത്തെ പുല്ലതാലിക്ക് വറാഹദിരി അതെല്ലാം ഊബ്ര പിന്നാമ്പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടാണ് ഓപ്പർ ജീവിതം രാഹവും ഇങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ ഉപ്രദ്ത ആവശ്യമില്ല വക്സത്തെ വൈത്തണവാഹിൽ കാണാം അങ്ങനെ മക്കയിലേക്കാ ലക്ഷ്യം വെച്ചു പോയത് അപ്പൊ ഹജ്ജ അവിടെ ഹജ്ജ് ചെയ്തു വത്തമജ്ജൈന ചാമി ദിൽക്കാല മാസത്തിൽ ചാമിലേക്ക് മുന്നിട്ട് തനത്തെ സമാനി സമാനീന എൺപത്തിയെട്ടില് അപ്പത്തിനായി മുപ്പത്തിയെട്ട് വയസ്സാണ് വസ്തനാഭ അകാഹു തതിരയിൽ അപ്പൊ ധനസിന്റെ കൂട്ടിയിട്ടല്ല അവിടെ അഴജന പകരാക്കി വജാവിൽ മുഖിന്റെ പരിസരത്ത് മൂത്രത്തിന്റെ താമസം വന്ന് വാഴത്തക്ക ഭി സിഹിബിൽ ജാമിനിൻ നമബിയിൽ മാറോഫത്തിൽ റസാലിയ അമബിയ കാലത്തുണ്ടായ ജുമാ പള്ളിയിൽ അവിടെ ദാവിയനെ മൂപ്പറടെ എത്തിക്കാത്തിരുന്നു ഇന്ന് ആ പള്ളിക്ക് ആ ദാവിയേക്ക് നേരുന്ന റസാലിയ എന്നാ പറയുന്നു നിസ്ബത്തന്നി ലയി അവിടെ മൂപ്പറ താമസിച്ചി വലിത സിയാബൽ ഹസിന കരുക്കനായ വസ്ത്രങ്ങൾ ധരിച്ചു കല്ലന തഹാമഹാമഹു ഭക്ഷണം വെള്ളം ഉദരാകെ കുറച്ചു വഹി തസ്നീഫിൽ തസ്നീ പെയ്യാൻ ആരംഭിക്കുകയാണ് മസാർഫുൽ മഷാഹിദ അവളിയാക്കന്മാർ മക്ബറുകളുണ്ടല്ലോ മഷാഹിദികള് അവിടെ എല്ലാം ചുറ്റി സഞ്ചരിക്കും വയസൂർ തുറുബ പള്ളികള് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ തീർച്ചയായിരിക്കും കുടുംബ നദിയും മഹാൻമാരുടെ മുഖ്യ പാത സ്പർശം പറഞ്ഞ മുന്തിയ മുന്തി സ്ഥലങ്ങളല്ല വരകുതിയിലൽ കഫ അതുപോലെ കാടുകളിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പ്രാപിക്കുക രാത്രി വരമ്പു വൈജാഹിദു ജിഹാദ് മുങ്കഴിഞ്ഞ മഹാൻമാർ ചെയ്ത ആ ജിഹാദ് നക്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് ജ്യാദയിലാണ് പോകുന്നത് ിഫ മസാൽ ഇമാതത്തിൽ നിന്ന് വളരെ പ്രയാസമായ ഒരു വിമാദത്തെല്ലാം ഉപ്ര ഏറ്റിയാണ് വൈബുരൂ വഴിപ്പാടുകളാലും കുടുംബത്തുകളാലും വിവിധങ്ങളായ കാര്യങ്ങളെക്കൊണ്ട് ലക്ഷന ഉപ്രങ്ങനെ പരീക്ഷണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇല അൻസാരൽ മറക്കത്തൽ ഹാജൂദ് ലോകത്തിന്റെ കുത്തുമായി മാറി ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ആഴമായ മറക്കത്തുമായി മാറി ഇവൽ ഇവർ ബ്രഹമാനായ അള്ളാഹുവിന്റെ ഇവാണിലേക്ക് എത്തിച്ചേരാനുള്ള തരീക്കും അത് തന്നെയാണ് ഇനി അഹ് ഉൽ ഹീക്കത്തിന്റെ നിസാൻ ഉൾക്കുളം പർ കലാമ പറയുന്നു േക്ക് വന്നു വാദിന്റെ മതിലിസ് സംഘടിപ്പിച്ചു സലാമിൽ കൂടിയാണ് ഒപ്പുറ സംസാരം അങ്ങനെ തന്നെ കിതാബ് ഉണ്ടാക്കിയ വിവരങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയിച്ചു ആൾ എബിൻ നജാറ് പറയുന്നു لم ارى له الا حديثا واحد سيئ يذكر في هذا الكتاب يعني صالح قلت ولم مره ذكر هذا الحديث بعد لقد اخبرنا ابو الهاشمي بحديث من حديثي اغبر الذين كتبقات الكبرى بن النجاب ذكرنا عنه ورغم ذلك ولم يكن له استاذ ولا طلب شيء من الحديث لو كان حديث روايه من ورا لا ഹരീസിൻ്റെ ആദിയായിക്കൊണ്ടിരിക്കലുണ്ടല്ലോ ചിലപ്പോ ചിലത് സതീഹാവ് വലിയ ചില മഹദീസാവ് വരെയും ചില സോഫിയാവലിങ്ങനെ ഉണ്ടായി ഒരു ഹരീസല്ലാതെ ഞാൻ കണ്ടിട്ടില്ലാന്ന് ഇവരുണ്ടെങ്കിൽ പറയുന്നു അതിന്റെ ആ ഹരീസ് ഏതാണെന്ന് വയ്യ പറയാനും ഓരോ താരീസിൽ പറയുന്ന പറഞ്ഞാൽ ഈ കിതാബ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് താരീന്റെ പരിധി കിട്ടിയിട്ടില്ല എന്നാൽ പറയാൻ മറന്ന പോയല്ല എന്താ കുളിച്ച് ഈ ഈ താരേശൻ ഉണ്ടാക്കുന്ന രണ്ടാവല്ലോ ഇവരുൺ അച്ചാർ ഇവരൺ അച്ചാർ എന്റെ താരേഖൻ ആ ഹദിത്ത് ഏതാണ് വെജി പറയാന്ന് പറഞ്ഞു അത് പറഞ്ഞു കാണുന്നില്ല പിന്നെ അബുൽ ഹാഫിദാണ് ആ ഹദിയിൽ കൊണ്ടുവന്നത് പിന്നീട് നമുക്ക് പറഞ്ഞത് എന്നിട്ടോ അത് തപക്കാത്തിൽ നിന്ന് വരെ ഇനി ബാൾ മാ സഹിദ റബീഹി ഉറമാഹുൽ ആമനീൻ ഇബൽ ഗസ്സാലി തങ്ങളെ വെന്താണ് കാഴ്ച്ചമൊയ്തുന്നത് ഖാല അൽ ഇമാമു മുഹമ്മദ് ഇബ്നു അഹയ്മ പറയുന്നു അൽ ഗസ്സാലി ഹുവ സാബിഇയ്യ് സാനി രണ്ടാമത്തെ സാഹി ഇമാമ എന്ന് പറയുന്നു എന്ന് ഓർക്കുക അസ്ഹദുൽ മൈഹനി പറഞ്ഞു അതെ പറഞ്ഞതല്ലേ ലാ യസ്ലിനാ മാദിഹതി ഇൽബിൽ ഗസ്സാലി മഫദരിഹി ഗസ്സാലിമാനെ ഇൽമിലേക്ക് മൂബ്ര ഫദലി ഏറ്റെടുക്കില്ല ഇല്ലാ മംലഹ ഔ കാരിബിൽ വർകമാനാ ഫിയ അഫീഹി അക്കലിൽ ഒന്നിക്കൽ കമാൽ അച്ഛണം എല്ലാം നെത്താൻ അടുക്കം അങ്ങോട്ടാതല്ലാണ്ട് റസാലിമാമിന്റെ കലാവിന് വിരുന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല വക്കാല അബു അബ്ദി ലായ് മുഹമ്മദ് ബിൻ അഹ്യബിന് അബ്ദുൽ അബുദലി പറയുന്നു റഹിത്തു ബിൻ ഇസ്കന്ദരി തീമാ എറന്നായി ഞാൻ ഇസ്കന്ദരിയിൽ വെച്ചിട്ട് ഉറങ്ങുന്ന കാഴ്ചയിൽ കണ്ടതാണ് ഇസ്കന്ദരി കാൻ അക്ഷം അകലി ബിഹാ സൂര്യൻ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അപ്പൊ അക്ബർ അദാലിക്ക ബാലുൽ മുഹബനിയും അതിനെപ്പറ്റി താബിലേറെ പറയുന്ന ആൾ വന്നെന്താണെന്നറിയോ ബി ബിഹാദിന്റെ കഥയും ആ നാട്ടിലെ ഒരു വിദേഹത്ത് ഉണ്ടായിത്തീരാൻ പോകുന്നുണ്ട് എന്നാണ് പവർത്തനത്ത് വാത അയ്യാനും പിന്നീട് കൃത്യം വിവരെന്താണ് ഖസാലി മാരുടെ കിതാബ്ഞം ചുറ്റീകരിക്കണം എന്നുള്ള വാർത്തയാണ് അങ്ങനെ അതാണ് എന്താ സൂര്യൻ പറഞ്ഞാൽ കൃത്യം കണ്ടത് ല്ലാ വക്കത്തത്തനുസരിച്ച് മൂപ്പർ അമലി നവഹദി വെക്കല പറയുന്നു ഒരു ദിവസം സുമ്മാനി ആനയില ഖുറാസാനിലേക്ക് മടങ്ങി മദറസബിൽ മദറസത്തൻ ഇറാമിയത്ത് നെശാബൂർലി ദർശനം നടത്തി മുത്തഞ്ഞ് എത്തി അത് കുറച്ച് കാലം ദർശനത്തിന് സുമ്മറയില പിന്നെ ടൂസിലേക്ക് തന്നെ മടങ്ങി പത്തഹയില ജാനബി ദാനിഹി മദറസത്തലിൽ ഫുഖായ് ഫോഖഹാക്കന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിന്റെ മുറ്റത്ത് ചെറിയ മദ്രസുണ്ടാക്കി സോഫിയാക്കൾക്ക് വേണ്ടിട്ട് ഖാൻ കാർത്തിന് വേണ്ടിയിട്ടില്ല വിശ്വസം തെല്ലാൻ വേണ്ടിയിട്ടില്ല അതും ഉണ്ടാക്കിയത് അർബാബിൽ കുലൂബിന്റെ അർബാബ് എന്നറിയാതെ സോഫിയാക്കളും അവരുമായിട്ടുള്ള കൂടിയിരുത്തം വട്ടതിരീതി തെലബത്തിൽ നിരഞ്ഞിരുന്ന താലിമ്യങ്ങൾക്ക് നടത്തലി മുതലായാണ് ഇങ്ങനെ വക്കത്തിനെ ടൈനബിൾ ആക്കി വെച്ചത് വൈതാമത്തെ സ്വദാർ വർഷിയ നോമനിസ്കാരങ്ങളെ വർദ്ധിപ്പിക്കലി ബാദാ ഇല അണിന്തകലില്ല റർമ്മത്തില്ല അരുന്ന് അങ്ങനെ അള്ളാഹു ധർമ്മത്തിലേക്ക് മടങ്ങുന്നത് വരെയും അലാമന്തുഷ്ടമാനലോകത്തിലുള്ള നക്ഷത്രങ്ങളെക്കാളും ബല പദവിയാണ് അള്ളാഹുസന്റെ ഓർക്കുമുടുത്തത് ഉമ്മത്തിനെയുംഹാരഹുമാ ഏറ്റവും ഹിതാക്കുന്നവരായ സ്ഥിതിയിലാണ് ഏതൊരു ഇരുട്ടുള്ള രാത്രിയിൽ പൂർണ്ണ ചന്ദനെ കൊണ്ടുള്ള ഉപകാരം എന്താണോ അതിനെ കാണാൻ വലിയ ഉപകാരമാണ് ഇപ്പർ കുമ്മത്തിനെ കൊണ്ട് ഏറ്റവും ഹിതാക്കും ലാ യുവജവും ഇല്ല ഹാസിരിപ്പരോട് വെറുപ്പ് വെക്കുന്ന ആണ് ഒന്നിക്കൽ ഹസ്ത വെക്കുന്ന ആണ് അല്ലെങ്കിൽ ദീനിന് പുറത്തുപോയാണ് വേറെ ആരും അവരോട് വേറോട് വെറുപ്പുവെക്കൂല മാൽ മധുഷിനാൽ ബലാ നോപ്പറ ദേശം വെച്ചുണ്ടല്ലോ അവർക്ക് ബലവീട്ടിട്ടുണ്ട് കൊലക്കനുകാലി തഹരിൽ ഇസ്കം തരീയത്തി നീ മുത്തും കരീമത്തിൻ അകത്ത് അശിയാഖ്നാ ശക്തം വസാദിയെ വസ്താമോ ഇസ്കം തരീയന്റെ ആ ഭാഗത്തുണ്ടായിരുന്നു അടുത്ത കാലത്ത് ഒരാള് അയാൾ നമ്മളെ ചേക്കന്മാർക്ക് കണ്ടിട്ടുണ്ടായി ഈ കിട്ടാനുണ്ടാക്കിയല്ലോ ഖസാലിമാമിനോട് ഭയങ്കര വെറുപ്പാണ് ആ വ്യക്തിക്ക് ഫാഹാൻ അവിടെ കാണുന്നുണ്ടെന്ന് അലി വസ്ല മനാമി കാണുന്ന അബൂബക്കർമ്മി അള്ളാഹാൻ രണ്ട് പള്ളക്കുണ്ട് ഇമാം ഖസാലി റബി അല്ലാവിനോട് വന്നിട്ട് പോകുമായി അപ്പോൾ യാസൂർ അഹ് ഹാദാ അതെന്ന ശൈച്ചങ്ങൾ ആ കനാ കണ്ണാളെപ്പറ്റി ചോദിക്കാൻ പറയുന്നു എത്തക്കൻ ഫ്രീ എന്റെ കാര്യത്തിന് വല്ലാണ്ട് റീബത്ത് പറയുന്നു ഇയാൾ എന്നെ സെല്ലും ചെയ്യുന്ന ആളാന്ന് സക്കാലം പറഞ്ഞു കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അതിനെ വേറെ മുമ്പിൽ വെച്ചിട്ടുണ്ടാക്കിയല്ലീ അതിന് റസാലി മാമിഞ്ഞോണ്ട് ി സ്വ മഹാദത്തിന് മുന്നിൽ നമ്മൾ വാസക സ്ത്രീയാത്ര ഇയാൾ അറിഞ്ഞണിച്ചോ നമുക്ക് ചാട്ടമാണേണ്ട അടിന്റെ കാല ചരിത്രത്തിലുള്ളൂ എന്റെ വിശദമായ വിവരം പറരിഫില്ല ഞാൻ പറയുന്നു ഞാൻ എത്തി പറയുന്നുണ്ട് ഏ പറയുന്നുണ്ട് വിശദമായ ചരിത്ര വിവരണം പറയുന്നുണ്ട് മുസന്നഫാത്ത് ഹോ റബിയല്ല മുസന്നഭാത്ത് ഇവിടെ നാടൻ തന്നെ എണ്ണിയിട്ടുണ്ടോ ആദ്യത്തില്ലാന്ന് കിട്ടാ ഓർക്കുണ്ട് ഞാനിതിനെ ഇണ്ടാക്കിയാണ് മൊലട്ട് മുട്ടും തിരിട്ടില്ല എന്ന് പറയുന്നു അലമദക്കമർ പറയുന്നു വമിൻ തഫാനി ഫിൽ ഖസ്ാനി ബസീത് വസീത് വദീസ് ഹുലാഫ നാലു ജിത്തൽ ഷാഹി ജിത്തരീ മുസ്തഫന്നുള്ള വസൂറൻ മൻഖൂൽ തന്തിൻ ഉള്ള അബിൻ ദത്തി ശിഫാഉല്ലാഹി അലീനി അസ്മാഉൽ ഹുനാ വർ റദ്വറുൽ ബാതിനി മന്നാദുൽ ആബിദീൻ ഇലിയാ റുമദി വഹൈദു ദാലിക മിന തഫാനി എന്തോർന്നെന്നെ വർണിച്ചേണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ജമാദ്ാഹു അഞ്ഞൂറ്റിയഞ്ചാം കൊല്ലം അപ്പം അമ്പത്തി അഞ്ചു വയസ്സ ജീവിതം ജുമാദ് പതിനാലിനാണ് ഊപ്പറഫാസ് വെള്ളി തിങ്കളാഴ്ച ഇനി വരവ്ബദ് ഹീദാൽ നൂപ്പർ ഗൈത്രി നീട്ടി പറയാൻ എത്താടി നീണ്ടങ്ങോട്ട് പോകും അപ്പിയമ്മിനാഹും മരം നമ്മൾ പറഞ്ഞു വന്നതിന് തൽക്കാലം കൊടുക്കാത്താണ് അറിഞ്ഞു അറിക്കുന്നയല്ലേ ഈ സനാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റൂമദ എല്ലാം കംപ്ലീറ്റ് ആമീറാക്കി ഇബ്റാക്കി ഇമ്പടില്ല ഹദീസിന്റെ ബാബീന്താ ഉള്ളടി ഇതിനെ വറപ്പെട്ടിവരില്ല വൈലേക്ക് തർജ്മത്തുൽ ഇമാം ഇറാഖി മുഹദ്ദിജ ഹദീഥ മുഹദ്ദിജ ഹദീഥിലേഹയാൽ ഹദീസനാ നിസ്കന്ത പറഞ്ഞാണ് قال الامام الحافظ سيوط رضي الله عنه كتابه ഫത്തുൽ മുഹമറ فِي ബാബി അതിനെപ്പറ്റിയാണ് സൈസിന്റെ കിതാബ് അതിൽ പറയുന്നു അബുൽ ഫോമനുദ്ദീൻ ഇമാമുൽ അബ്ദുൾ സ്വന്തം ഹാഫിദ് കാലഘട്ടത്തിനുള്ള ഏറ്റവും വലിയ ഹദീദിന്റെ പണ്ഡിതനായിരുന്നു ിൽ മെഹറാലി വൈന മിസോൽ ജുമാതുല സനത്ത കംസ്യം വഹിച്ചിരുന്ന സമിമിയുടെ പ്രചരണം ഹരീഫിന്റെ പന്നി അതിൽ അങ്ങേട്ട പാണ്ഡിത് നേടിയ വലിയ മുമ്പനായി മാറി പോലെ തിത്തനായി അറിഹിബിൽ മാലിഫത്തിന്റെ പ്രഷയത്തിൽ ആ കാലത്തിലുള്ള മൂപ്പുറ ഉസ്താദന്മാർ പോലും മൂപ്പുറം അധായിട്ട് പറയാറുണ്ടായിരുന്നുള്ളൂ അരക്കെ തുക്കി അലായി മിലുക്കത്തീര് മകയുറുവും വനക്കലുൽ അച്ഛനെ പിന്നെ ഹദീസിന് വസ്ഫുവും ഇവിനു സഹിദിനാത്തും ഓറ തർജുമതിലും ഇടാറ്റിനെപ്പറ്റി മധുഖ പറഞ്ഞിട്ടുണ്ട് ഇവിനു സഹിതനാസും وَشَرَحَ فِي مْلَعِ الْهَدِيثِ مِنْ سَنَةِ الْتِسْتِينَ وَتِسْئِينَ تُنُّوك يا عرانك الله وَلَهُ مُعَلَّفَاتٌ فِي الْفَنِّ بَضِيَةٌ لَفْتَابِ بَضِيَةٌ العند بدد ما عليه تذيفه توركند قال نل فيت التي استخرت في الافاق مشرحها ورنم من التراحي وتخريج احاديث النبيه وهو الذي بين ذي القائل اذا تخريج الحديث النبوي منك منك كان من تنراضي لدينا وهو لا ما تكملت شرح الترمذي لرني سيد الناس شرح التكميل اذا كما بتني قدام وشرف إملاع الحديث في سنة ستين وتستين تنوتي عارلي أبي صلى الله عليه وسلم إذا وقتها جمعتي تنوتي اللهية تنوتي اللهية تنوتي اللهية تنوتي اللهية أه فاهي الله تعالى به سنة الإملاع حديث إن الإملاع حديث فرش حديث والإملاع جيدور كلا نلو ആ അതൊരു അതൊരു കുന്നത്തം അത് മൂപ്പർ കൊണ്ടന്നാത്ത ഹയാത്താക്കി ബാധാൻ കാണാത്തന്നല്ലേ ആ പന്നെന്തായിപ്പോയിരുന്നു കെട്ടിടങ്ങിപ്പോയതായിരുന്നു പാം ലാക്ക് തടമിൻ അറുപത നിയത്തി മജുരീസിൻ നാനൂറോളം മജലീസിലേറെ മൂപ്പർ ഹരീസുകൾ ഉണ്ടായിത്തീരുന്നു കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റിയാറിലാണ് ശാപ മാസത്തിനാണ് ഊപ്പർ ഒപ്പാത്തത് ിലെ ലക്കാലി തെരുമീതാണ് അപ്പൊ താങ്കളെ ഉസ്താദി ലത്താരി താങ്കളെ ഉസ്താദിന്റെ ലക്കലാരിമുഖാ പോലെ ആ കസീലോടെ പറഞ്ഞിട്ടില്ലാണോ അത് നീ കണ്ടുപിടിച്ചോളൂ അതാണ് ഞാൻ ഈ കാണുന്നത് രാഹുൽ മുകൻ ഞാൻ لقد قلت لك ألجي قبل المغني أنهم للأصفاء في <تصفيق> الأصفاء <تصفيق> في تخذيج ما في الهياء من الأخبار أننا كتابت لدينا